പ്രയോജകത്വം സാക്ഷാത് പരമ്പരയാ ഹേതുത്വം എന്ന് പറയും സാക്ഷാത് ഹേതുവിന് ചിലടത്ത് പ്രയോജനം എന്ന് പറയും ചിലടത്ത് പരമ്പരയാ ഹേതുവായാലും പ്രയോജനം ഇവിടെ ഇപ്പോ വിചാരത്തിന് പരമ്പരയ കാരണമായി തീർന്നു വിപ്രതിപത്തി വാക്യം വാക്യശ്രമം അതുകൊണ്ടത് പ്രയോജനമായത് എന്തിനു വിചാരത്തിന് നീപ്രതിപത്തിവാക്യത്തെ പറഞ്ഞിരുന്നു ജ്ഞാനപ്രാമാണ്യം नवा ग्राहक यावानग्राहक सामग्री ग्राह्रामग्राहक अब Ja oh. ും അതെൻ്റെ ഒരു കണ്ടീഷനാണ് ഗ്രഹിക്കാത്തതും ജ്ഞാനത്തിന്റെ രണ്ടും വരും പ്രാമാണിയും വരും അപ്രാമാണുപ്രമേയാണെങ്കിൽ അത് പ്രാമാണ അപ്രമേയാണെങ്കിൽ അപ്പോൾ അപ്രാമാണത്തെ ഗ്രഹിക്കാൻ പാടില്ല അതൊരു കണ്ടീഷൻ അതെന്താണെന്ന് പ്രയോജനം വേറെ പറയും ഇപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതിയ ബാക്കിയുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് എന്താണ് യാവഗ്രി ഗ്രാഹ്യം ഇതില് സ്വതോ ഗ്രാഹിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിങ്ങനെ മനസ്സിലാക്കുന്നു എങ്ങനെ ഗ്രാഹകാമഗ്രി ജന്യ ഗ്രഹ വിഷയത്വം ഇതാണ് ഇപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ് ജ്ഞാനഗ്രാഹക സാമഗ്രീജന്യ ഗ്രഹവിഷയത്വം സ്വതസ്വം ഈ ഭാഗം ആദ്യം മനസ്സിലാക്കണം ഏതാണ് സാമഗ്രീജന്യഗ്രഹവിഷയത്വം അത് എൻ്റെ അടുത്ത പേജിൽ അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം അവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം മാറ്റിയാണ് പക്ഷെ ഞാൻ പറഞ്ഞപോലെ മനസ്സിലാവും ഇങ്ങനെ ഗ്രാഹകാമഗ്രി ജന്യഗ്രഹ വിഷയത്വം അങ്ങനെ മനസ്സിലാക്കണം കിടക്കുന്ന പോലെ പോലെ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു ഇതിൽ ആദ്യം സുതോ ഗ്രാഹിത്വത്തെ അല്ലെങ്കിൽ ഇതിനെ സമന്വയിപ്പിക്കണം ആദ്യം സ്വതോ ഗ്രാഹിത്വം മൂന്ന് പേരുടെ പക്ഷത്തിൽ നേരത്തെ പറഞ്ഞു ഒന്നാരാണ് ഗുരു രണ്ടാമത്തത് ഗുരാരി മിശ്രൻ മൂന്നാമത്തത് ഭാട്ടമതം ഗുരുമതം മിശ്രമതം ഭാട്ടമതം ഗുരുമതം അനുസരിച്ചാണെങ്കിൽ നേരത്തെ പറഞ്ഞു അയങ്കട എങ്ങനെയാണ് അവിടുത്തെ ഞാനും വ്യവസായ ഞാനും എങ്ങനെയാണ് ഹം ജാനാമി ഇങ്ങനെ പറഞ്ഞാലും മതി അയം ഘടമ അല്ലെങ്കിൽ ഘടവിഷേക ഇതാണ് വ്യവസായ ജ്ഞാനം ഈ ഞാനിന്നുള്ള പ്രത്യേകത ഇത് സ്വയംപ്രകാശമാണ് ഇവിടെ സ്വയംപ്രകാശം എന്ന് പറയുമ്പോൾ സ്വവിഷയകസ്വയം പ്രകാശമാണ് തന്നെ തന്നെ വിഷയമാക്കി സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളതാണ് സ്വയം അവിടെ മൂന്ന് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് മിതി മാനം മിതി മാതാ മേയം മിതി അറിവ് മാതാ ഞാൻ അത് ഈ പറഞ്ഞു കൊണ്ട് എന്താണ് അയങ്കടീന്നും മാതാ ജാനാമി ജ്ഞാനം ഞയം വ്യവസായം ഈ വ്യവസായ ജ്ഞാനം എന്ന് പറയുന്നത് തന്നെയാണ് ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് സ്വയം പ്രകാശം അത് തന്നെയാണ് പ്രാമാണിയഗ്രഹിക്കുന്നത് എവിടെയുള്ള പ്രാമാണത്തെ ആ ജ്ഞാനത്തിലുള്ള പ്രാമാണി പറഞ്ഞതിനെ സമന്വയിപ്പിക്കും സുഹോദ്രാഹിത്വത്തെ എന്താണ് സുഖോദ്രാഹിത്വം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു അവിടെ ജ്ഞാനഗ്രാഹകം ജ്ഞാനത്തിന്റെ ഗ്രാഹകം ആദ്യം ജ്ഞാനത്തെ എന്ന് പറയുന്നു ഇവിടെ വ്യവസായ ജ്ഞാനത്തെ എടുക്കണം എന്താ ഏത് ജ്ഞാനത്തിലാണോ പ്രാമാണുള്ളത് ആ ജ്ഞാനത്തെ ജ്ഞാനം അതുകൊണ്ട് എടുക്കണം അപ്പൊ ഇവിടെ ഗുരുമതമനുസരിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനം ജ്ഞാനഗ്രാഹകം ഗുരുമതമനുസരിച്ച് ജ്ഞാനഗ്രാഹകം എന്താണ് വ്യവസായ ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു വ്യവസായം രസയും പ്രകാശവും എങ്ങനെ ഗ്രഹിക്കാം പിന്നെ ജ്ഞാനഗ്രാഹക സാമഗ്രി ആ വ്യവസായജ്ഞാനത്തിന്റെ സാമഗ്രി ആയിട്ട് എന്തെല്ലാം ഉണ്ടോ സാമഗ്രിയായിട്ട് എന്തിനൊക്കെ എടുക്കാമോ അതിനൊക്കെ എടുക്കാം ഇവിടെ ഇപ്പൊ ആത്മമന സംയോഗം വിഷയ ഇന്ദ്രിയ സംയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുക്കാം അതാണ് എന്ത് വ്യവസായ ജ്ഞാനത്തിന്റെ സാമഗ്രി ഇപ്പൊ ജ്ഞാനത്തിന്റെ ഗ്രാഹകമായ ജ്ഞാനത്തിന്റെ സാമഗ്രിയെടുക്കണം അപ്പൊ അത് സംയോഗം തുടങ്ങിയ കാര്യങ്ങൾ ഹക സാമഗ്രി അങ്ങനെയുള്ള യാവത് സാമഗ്രി എല്ലാ സാമഗ്രിയും എടുക്കും അങ്ങനെയാണ് യാവത്ത് ജേറുക ഏതേതൊക്കെ സാമഗ്രികളോ അതെല്ലാം ജന്യ ഗ്രഹങ്ങൾ സാമഗ്രികളിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം ഏതായിരിക്കാ ഞാനും വ്യവസായം ഞാനും ഇവിടെ ഒരു ജ്ഞാനേ ഉള്ളൂ അപ്പൊ ജ്ഞാനത്തിന്റെ ഗ്രാഹകമായ ജ്ഞാനം വ്യവസായം അതിന്റെ സാമഗ്രി അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്റ്റെപ്പ് കൂടെ പിറയിലോട്ട് പോവാനുണ്ട് നേരത്തെ ജ്ഞാനഗ്രാഹകമായിട്ട് വ്യവസായ ഞാനെ തന്നെ എടുത്തു ഇവിടെ എന്ത് പറയുന്നു ജ്ഞാനഗ്രാഹകമായ വ്യവസായ ജ്ഞാനത്തിന്റെ സാമഗ്രിയായ ആത്മമനോ സംയോഗാദികളിൽ നിന്ന് ജന്യമായ ആ വ്യവസായത്തെ ഗ്രഹിക്കുന്ന വ്യവസായ ജന്യഗ്രഹ വിഷയം ആയിരിക്കണം പ്രാമാണ്യം എന്തുകൊണ്ട് ആ രണ്ടാമത്തെ ആ വ്യവസായ ജ്ഞാനം അതാണ് പ്രാമാണിയ ഗ്രഹിക്കുന്നത് വ്യവസായ ജ്ഞാനം ഒന്നേ ഉള്ളൂ നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞു അപ്പോ നേരത്തെ പറഞ്ഞ എന്താണ് ജ്ഞാനത്തിന്റെയും പ്രാമാണ്യത്തിന്റെയും ഗ്രാഹകപരിജ്ഞാനം തന്നെ വ്യവസായജ്ഞാനം തന്നെ ഇവിടെ എല്ലാത്തിടത്തും വ്യവസായ ജ്ഞാനത്തെ തന്നെ ആദ്യം എന്ത് ജ്ഞാനമായിട്ട് എങ്ങനെയെടുത്തു ജ്ഞാനത്തെടുത്തു ജ്ഞാനഗ്രാഹകമായിട്ട് അതിനെടുത്തു വ്യവസായ ജ്ഞാനമായി എടുത്തു ജ്ഞാനഗ്രാഹകം യാവസാമഗ്രിയായിട്ട് എന്തിനെടുത്തു മത്മനസംയോഗാദ്യം എടുത്തു തജ്ജന്യജ്ഞാനമായിട്ടതിനെടുത്തു അതാണ് വന്ന ഗ്രഹം ജ്ഞാനം ഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ യാവഗ്രീ ജന്യഗ്രഹ വിഷയം ആ വിഷയം എന്താവണം അപ്പൊ അതിനൊരു വിഷയത്തു ഇതാണ് സ്വതസ്ഥ ജ്ഞാനത്തെയും പ്രാമാണ്യത്തെയും ഒന്ന് തന്നെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അത് കാരണം ആ വ്യവസായ ജ്ഞാനത്തിൻ്റെ വിഷയം തന്നെയാണ് ജ്ഞാനം കാരണം അത് സ്വവിഷയകാശം അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ വിഷയം തന്നെ എന്താ ഈ ജ്ഞാനമായത് ജ്ഞാനത്തിന്റെ പ്രാവണ്യ ജ്ഞാനത്തിന്റെ വിഷയം തന്നെ അവിടെ സമീപിച്ചു ഇനി രണ്ടാമത് വരുന്നാലാണ് മുരാരി മിശ്ര മുരാരി മിശ്രൻ എന്താ പറയുന്നത് അയം ഘടക എന്ന് പറയുന്ന വ്യവസായ ജ്ഞാനം ഇപ്പം ആയി വ്യവസായ ജ്ഞാനം ജ്ഞാനഗ്രാഹകം എന്തായി ഘടത്വേന ഘടമഘം ജാനാമി എന്ന് പറയുന്ന അനു വ്യവസായം അതായത് ജ്ഞാനഗ്രാഹകമായ ഞാൻ അതിന്റെ സാമഗ്രിയെടുക്കും അവിടെ അവർ പറയുന്നത് ഇതുപോലെ തന്നെയാണല്ലോ അവർ സാമഗ്രികൾ അവർ എന്താണ് അനുവ്യവസായം കൊണ്ട് ജ്ഞാനത്തെ ഗ്രഹിക്കുമ്പം ആ അനുവ്യവസായത്തിന്റെ സാമഗ്രികൾ ആത്മമനസമീകം പോലുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അതന്നെയാണ് അവിടെ ഈ സാമഗ്രി അപ്പോ ജ്ഞാനെന്തായി ആദ്യം വ്യവസായ ഇതം ജലം ജലത്തിന്റെ കാര്യം പറയുന്നത് ഇതം ജലം എന്നുള്ള വ്യവസായം ജലത്വന ജലമഹഞ്ചാരം എന്നൊരു ധന വ്യവസായമായി അതിന്റെ സാമഗ്രിയായി എന്ത് സംയോഗാദികൾ പിന്നെന്തായിരുന്നു ജലത്വേന ജലമോൻ ജാനാമി എന്ന് പറയുന്ന സാമഗ്രി അപ്പൊ അത് യാവ സാമഗ്രി എല്ലാ സാമഗ്രികളും എടുക്കും ഗ്രാഹകാമഗ്രി ആ ഗ്രാഹകത്തിന്റെ സാമഗ്രി എന്താ സാമഗ്രി ജന്യജ്ഞാനം എന്തായി അനുഭവ സാധിക്കും ആ അനുവസായ ജന്യഗ്രഹ ഗ്രഹ വിഷയം എന്തായി പ്രാമാണി ആരെ തോന്നുന്നു നമ്മുടെ ജ്ഞാനഗ്രാഹകയാവ സാമഗ്രി ജന്യഗ്രഹ വിഷയത്തും പ്രാമാണ്യ തോന്നുന്നു വ്യവസായം അനുവ്യവസായം ജ്ഞാനഗ്രാഹക സാമഗ്രിയായി പത്തു ദിവസം ജ്ഞാനഗ്രാഹക അവസാമന്യഗ്രഹമായി എന്ത് അനുവദിച്ചു തദ്വിഷയം എന്തായി തൻ വിഷയത്തിൽ ഇനി മൂന്നാമത്തെ അവിടെ അനുഭവ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു പ്രമാണിത് എന്നാ പറഞ്ഞു ഞാൻ എന്നെ പറഞ്ഞു ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന ഏതോ അതനുഭവസായും അതിന്റെ സാമഗ്രികൊണ്ട് ജന്യമായ ഞാനേതായി അതിന്റെ വിഷയമാണോ എന്ത് പ്രമാണി അപ്പം രണ്ടുമൊന്നായി ജ്ഞാനത്തിന്റെ ഗ്രാഹകമായ ജ്ഞാനവും ആ ഗ്രാഹകത്തിന്റെ സാമഗ്രികൊണ്ട് ജന്യമായ ജ്ഞാനവും ഒന്നായി അനുഭവം അതിന്റെ വിഷയം എന്തായി പ്രമാണി വളച്ച് പറയുന്നവത് സാമഗ്രി എന്നുള്ള അങ്ങ് വിട്ടുകഴിഞ്ഞാൽ എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ ഗ്രാഹകമായ ജ്ഞാനം ഏതായും അനുഭവം വിഷയത്തും അങ്ങനെ പറഞ്ഞു ജ്ഞാനത്തിൻ്റെ ഗ്രാഹമായെന്ത് അനുഭവം അതിന്റെ വിഷയമായെന്ത് പ്രാമാണികം വിഷയത്തോടെ ഒന്ന് പ്രാമാണിത് ജ്ഞാനഗ്രാഹകമായ ജ്ഞാന വിഷയത്ത് എന്ന് പറഞ്ഞാലും മതി ഒന്നുകൂടെ മാറ്റി എങ്ങനെ പറഞ്ഞു ഗ്രാഹക സാമഗ്രി കൂടെ ചേർത്തു അവിടെ ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോണമെന്ന് പറഞ്ഞെന്താണ് നേരത്തെ ജ്ഞാനഗ്രാഹകമായിട്ട് എങ്ങനെയെടുത്തു അനു വ്യവസായത്തു ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോയി അതിന്റെ സാമഗ്രി എടുക്കും എന്റെ സാമഗ്രി എന്താണോ അതെന്തും ഗന്യമായ ജ്ഞാനത്തെ വീണ്ടും എന്താകും അതിന്റെ വിഷയത്തെവിടെ ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ മതി ഗ്രാഹക അത് വിശാലമാക്കി പറഞ്ഞു അത് യത് സാമഗ്രിയുടെ പ്രയോജനം പറയും എന്തിനാങ്ങനെ പറഞ്ഞത് മൂന്നാമത്തെന്താണ് ഇതം ജലം എന്ന് പറയുന്ന ജ്ഞാനം അതിനെടുക്കും ജ്ഞാനഗ്രാഹകം അവിടെ ജ്ഞാനഗ്രാഹകം എന്താണ് അർത്ഥാപത്തി ആദ്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞ ഏതാണ് അങ്ങനെ ആ അന്നേരത്തെ അനുമതി അവിടെ ഇതം ജടം എന്ന് പറയുന്ന ജ്ഞാനം ആ ജ്ഞാനഗ്രാഹമായി ജ്ഞാതാലിംഗക അനുമതി ഇനി അതിന്റെ യാവ സാമഗ്രി എടുക്കും അനുമതിയുടെ സാമഗ്രി എന്താണ് പരാമർശം ആ സാമഗ്രി ജന്യഗ്രഹം ജ്ഞാനം ഏതായി അനുമതി തദ്വിഷയത്തോടെ വന്നു അപ്പൊ അവിടെ ഈ സ്വതവിടെ ജ്ഞാനം ഇതം ജലം എന്ന് പറയുന്ന ജ്ഞാനം ജ്ഞാനഗ്രാഹകം എന്ന് പറയുന്നത് എന്തായിക അന്മിതി അതിന്റെ സാമഗ്രി എന്തായി പരാമർശം യാപ സാമഗ്രി എന്ന് പറയുമ്പോ പരാമർശമായി എന്തൊക്കെയുണ്ട് എല്ലാം എടുക്കണം ാമഗ്രി ജന്യഗ്രഹമെന്തായി അനുമതി വിഷയത്വം വിഷയമെന്തായി പ്രസ്തുത പ്രാമാണികൾ ലക്ഷണ സമീപിച്ച അതിനുവേണ്ടിയിട്ട് നമ്മുടെ ലക്ഷണത്തെ ഇങ്ങനെ പരിഷ്കരിച്ച് എന്താണോ സാമഗ്രി ജന്യ ഗ്രഹ വിഷയത്വം സ്വതപ്രാമണ് അതാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത് അതില്താലിംഗക അനുമതി എന്ന് പറഞ്ഞ് അതിന്റെ പരാമർശം എന്താണോ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് മുമ്പിലത്തെ പേജില് ഇപ്പോഴത്തെ രണ്ടാമത്തെ അനുമാനത്തില് അവിടെ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹനുമാനം അതിന്റെ പക്ഷേതാണ് ജ്ഞാത ഏതു അതി ഉണ്ടാന്ന് നോക്കുക ഘടവൃത്തി ഘടത്വപ്രകാരകം ജ്ഞാതത്വം വരും ഘടത്തിലുള്ളതാണ് ഘടത്വപ്രകാരവും സാധ്യം നോക്കുക ഘടത്തുവതി ഘടത്വപ്രകാരകതി എന്ന് പറയുന്നത് എന്തായി ഘടത്തുവതി എന്തായി കടം കടത്തുവത് കടം കടത്തുവാൻ കട കടീ കടേ കടത്തു എന്ന് വെച്ച കടേ കടുത്തുപ്രകാരവും ഞാൻ അതിൽ നിന്ന് ജന്യമാണെന്ത് കടമാണ് എന്താണോ പറഞ്ഞത് എന്തുപ്രകാരം ഞാനോ ഇന്നലെ എന്താ പക്ഷത്തില് സാധ്യം വരണ്ടേ ഘടത്വപ്രകാരകൻ്റെ ഒരു വ്യാപ്തി പറയും എന്താണ് യത് പ്രകാരിക യദ്വൃത്തി എന്ന് വെച്ച ഘടവൃത്തി പ്രകാരിക എന്ന് പറഞ്ഞാൽ അപ്പൊ വിശേഷണമാണ് ഞാതെന്ന് പറയുന്നത് എന്താണോ ഘടകൃത്തികാരികയാണ് അങ്ങനെയുള്ള സദ്വിശേഷിക തത്പ്രകാരകാനവിശേഷിക ആ ഘടവിശേഷിക അല്ലെങ്കിൽ കടത്ത് വിശേഷിക തത്പ്രകാരിക പ്രകാരകാരക ഞാന് ജന്യ എന്ത് ഞാന് ജന്യമായി ഞാൻ സാധ്യാന്ന് വെച്ചാൽ ഞാൻ ജന്യം എന്തായി ഞാന് ജന്യം എന്തായി ഇതാണ് എന്റെ വ്യാപ്തി എന്നുവെച്ചാ വ്യാപ്തി എന്താ പറയുന്നത് എന്ന് പറയുന്നത് ഘടത്തിലുള്ള ജ്ഞാതകു പറയുന്നത് ഘടത്തിലുള്ള ഞാത എന്ന് പറഞ്ഞാൽ ഘടത്വപ്രകാരകളാതെന്ന് പറയുമ്പോൾ ഘടത്വപ്രകാര പ്രകാരികയായ എന്താണ് ഘടത്തിലുള്ള ഞാതകയാണ് അത് എങ്ങനെയുള്ള ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു ഘടവിശേഷിക ഘടത്വപ്രകാരക ജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് യഥാ പടയ പടത്വപ്രകാരിക അഞ്ഞാത ദൃഷ്ടാന്തമാണ് യഥാപഠ പടത്തിലെന്താണ് പടത്വപ്രകാരിക ഞാതത എന്ന് വെച്ചാൽ പടത്വപ്രകാരിക ഞാത എന്താ പടവൃത്തികാരിക ജ്ഞാനതയുടെ പ്രകാരം പടത്തുമായിരിക്കും പടത്തിൽ തന്നെ അത് എങ്ങനെ വരുന്നു പടത്വ വിശേഷിക പടത്വപ്രകാരക ജന്യ അതിന് വേണ്ടി തത്ര അയം ക്രമ ആദോ അയം ഘട ഇത് പ്രത്യക്ഷം സംബന്ധിച്ച് ഘടം പ്രത്യക്ഷമാണ് പക്ഷെ ഘടഞാനം പ്രത്യക്ഷത് അതീന്ദ്രിയമാണ് തതോ ഘടാതായ ഉത്പത്തി അത് കഴിഞ്ഞ് എന്ത് വരുന്നു ഘടത്തിൽ പറഞ്ഞാണ് ഉത്പന്നമാകുന്നു അപ്പോ ഇവിടെ എന്ത് വരുന്നു ഘടത്തിൽ ജ്ഞാതത ഉണ്ടാകുന്നു അതുകഴിഞ്ഞ് ഘടത്വ വിശേഷിക ഘടത്വപ്രകാരക ജ്ഞാനജന്യത്വ വ്യാപ്യാജ്ഞാത ജ്ഞാത എന്ന് പറയുന്നത് കടത്തിലുണ്ടാവുന്നു അത് ആ ഞാതത എന്ന് പറയുന്നത് ജ്ഞാനജന്യത്വത്തിന്റെ വ്യാപ്യാണെന്നാണ് പറയുന്നത് വ്യാപ്യമാണെന്ന് പറയുന്നത് ജ്ഞാനജന്യത്വം എവിടെ വരും ജ്ഞാനജന്യത്തോട് വരും ആ ഞാതത എന്ന് പറയുന്നത് ജ്ഞാനജന്യത്വത്തിന്റെ വ്യാപ്ഞ അത് എന്ന് പറയുമ്പോ ഇതാണ് നോക്കുക ധൂമോ വന്യം വ്യാപ്യ വന്നിയുടെ വ്യാപ്യമാണെന്ന് തോന്നുന്നു ധൂമം വന്യം വ്യാപ്യമാകണം എങ്കിൽ എന്തുവേണം വന്നിയും ധൂമവും ഒരിടത്തിരിക്കണം വന്നിയും അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുമോ ധൂമോ വന്യം വ്യാപ്യ അപ്പൊ വ്യാപകം എന്തായി ഇവിടെ വ്യാപകം നോക്കുക ഇവിടെന്താണ് കടത്ത്വത് വിശേഷികടത്വപ്രകാരകത്തിന്റെ വ്യാപ്യമാണ് ജാതകതാപ്യ എന്ന് പറഞ്ഞ ും അതുപോലെ ജന്യത്വ വ്യാപ്യ എന്ന് പറഞ്ഞ വ്യാപ്യേതാവും അതോടെ പറഞ്ഞിരിക്കുന്നത് ഘടത്വ വിശേഷിയ ഘടത്വപ്രകാര ഘടഞ്ഞ അത് ജന്യം ആ ഘടഞാൻ ജന്യമായ എന്ത് ആ ജന്യത്വം ഇവിടെ വരും അപ്പോ ജന്യത്വത്തിന്റെ വ്യാപ്യ ഞാതതയാവും എന്തുകജന്യത്വം ഘടകജന്യത്വം എവിടെ വന്നു ആ ജന്യത്വത്തിന്റെ വ്യാപ്യം ജ്ഞാതയാകുന്നു എന്തുകൊണ്ട് വ്യാപകവും വ്യാപ്യവും ഒരധികാരണത്തിയിരിക്കണം വ്യാപകവും ഒരു അധികരണം ഇപ്പോ വ്യാപകത്തിന്റെ അധികരണം ഏതാണ് ഇവിടെ വ്യാപകം ഏതാണ് ഞാൻ വ്യാപകം എന്താ കേട്ടോണ്ടിരിക്കുന്നത് ജ്ഞാനജന്യത്വം കടജ്ഞാനജന്യത്വമാണ് വ്യാപകം അതെവിടെ വന്നു ഞാതതാത ആ ജന്യത്വത്തിന്റെ വ്യാപ്യമാവൂന്നാ ചോദിച്ചത് എന്തുകൊണ്ട് ഏരിക്കണം ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം ഏറ്റവും വ്യാപ്യം ചോദിച്ചത് ഇവിടെ എന്താ പ്രശ്നം യെ വ്യാപ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ജ്ഞാനജന്യത്വം വരും എന്ന് പറഞ്ഞാൽ വ്യാപകത്തിന്റെ അധികരണം ഞാതതയും ജ്ഞാതയുടെ അധികരണമെന്ന് പറയുന്നത് ഘടകമായി ഭിന്ന ഭിന്നരണമായി വ്യാപ്യ വ്യാപകമാകണമെങ്കിൽ എന്ത് വേണം അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു കൊണ്ടുവന്നു ജ്ഞാതയിൽ എങ്ങനെ വരും ഏതായി വ്യാപ്യത്തിന്റെ അറിയണം ഞാതത താതാത്മി എന്ന അറിയണമായി അപ്പോ ഇവിടെ പരാമർശം വരുന്ന എങ്ങനെയായിരിക്കും അവിടെ പരാമർശം എങ്ങനെയായിരുന്നു അയം പർവത അല്ല ഇവിടെ എന്തുവരും ശ്രീലിംഗേണ്ാവതി പരാമർശം ഇതാണ് ഇവിടുത്തെ പരാമർശം അപ്പോ ജ്ഞാനജന്യത്വത്തിന്റെ വിഷയം പറഞ്ഞെന്താണ് പഠത്വപ്രകാരക ഘടകത്വ്യാതാവതിരാമർശത്തിൽ നിന്നാണ് ഇവിടെ അനുമതി ഉണ്ടാവുക അതാണ് അവിടെ എന്ന് പറഞ്ഞു ജ്ഞാന ഗ്രാഹകമായി അനുമതി അതിന്റെ യാവ സാമഗ്രിയിൽ എന്തൊരും പരാമർശം തജ്ജന്യഗ്രഹം അതായത് ജ്ഞാനമായി അനുമതി തദ്വിഷയത്വം എവിടെ വരുന്നു വരുന്നു അപ്പോൾ എല്ലായിടത്തും അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഘടത്വദ്വിശേഷിക ഘടത്വപ്രകാരക ജ്ഞാനജന്യത്വ വ്യാപ്യ ജ്ഞാതത ഇത് താദാന്യന ജാതും വിശദീകരിക്കുന്നു ഇത് വ്യാപ്തി സ്മരണം അപ്പൊ എന്തുവരുന്നു ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നെന്ന് പറയുന്നു ആദ്യം അയംഘടയി പ്രത്യക്ഷം അത് കഴിഞ്ഞ് എന്ത് വരുന്നു ജ്ഞാത കടത്തിൽ ആ ഉത്പന്നമാകുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വ്യാപ്തിയെ സ്മരിക്കുന്നു വ്യാപ്തി എന്താണ് വ്യാപ്തിസ്മെന്ന് അതായത് വന്യം വ്യാപ്യ ധൂമഹ എന്ന് പറയുന്നത് വ്യാപ്തിയുടെ സ്മരണമാണ് ആ ധൂമവാൻ പർവ്വത എന്ന് പറയുമ്പോൾ അത് പരാമർശമാണ് അവിടെ ഇത്രയും പറയണെന്താണ് വന്യം വ്യാപ്യ ധൂമഹ എന്ന് പറയുന്നത് അത് വ്യാപ്തിയാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു എപ്പോഴാണോ ഘടത്തിൽ ജ്ഞാത ഉത്പന്നമാകുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു വ്യാപ്തിയും സ്മരിക്കുന്നു ഏകകാലത്ത് മനസിലായ തഥിസംബന്ധ വിശേഷണാത ഇന്ദ്രിയ സന്നികർഷ വ്യാപ്തിസ്മരണ ഇവാഭ്യം പിന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ ഇന്ദ്രിയസംബന്ധ വിശേഷണാത്മക ജ്ഞാത ഷണം അതായത് അവിടെ ഇന്ദ്രിയ സന്നിഖർഷം സംഭവിക്കുന്നു ഒരു വസ്തുവിന്റെ പ്രത്യക്ഷം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഇപ്പൊ ഘടത്തിന് പ്രത്യക്ഷം ഉണ്ടാകണമെങ്കിൽ ഇന്ദ്രിയവും ഘടവും തമ്മിൽ സംയോഗ സംബന്ധം ഉണ്ടാകണം അപ്പം ജ്ഞാതയുടെ പ്രത്യക്ഷ കൊണ്ടാണെങ്കിൽ എന്ത് വേണം സന്നിധർഷമുണ്ടാവണം ആ സന്നി ഘർഷമാണ് ഇന്ദ്രിയ സംബന്ധ വിശേഷണതാ സന്നിധർഷം ഇന്ദ്രിയ ചക്ഷേന്ദ്രിയം ഇന്ദ്രിയ സംബന്ധമായി ഘടം ഇന്ദ്രിയ സംബന്ധമായ ഘടത്തിൽ വിശേഷണമായിരിക്കുന്നു ജ്ഞാത അതിൽ വരുന്ന വിശേഷണത അപ്പൊ സന്നികർഷം എന്തായി ഇന്ദ്രിയ സംബന്ധ വിശേഷണതാ സന്നിധർഷം അങ്ങനെയാണ് ഞാതയുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അത് സന്നികർഷത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് പഠിച്ചതാണ് ഘടത്തിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സന്നിഹം ഇന്ദ്രിയുമായിട്ട് അവിടെ ഇന്ദ്രിയ സംബന്ധ വിശേഷണത എന്ന് പറയാം വിശേഷണമായിരിക്കുകയാണെങ്കിൽ അതുമായിട്ടുള്ള സന്നികേഷം എന്തായിരിക്കും വിശേഷണതാ സന്നിഹർഷം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ സംബന്ധ വിശേഷണാത്മക എന്ന് വെച്ചാൽ ഇന്ദ്രിയ സംബന്ധ വിശേഷണതാരൂപത്തിലുള്ള എന്താണ് സന്നി ഘർഷം എന്തിനുള്ള ജ്ഞാത ഇന്ദ്രിയ സന്നിഗർഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയവുമായിട്ടുള്ള സന്നിധർ മനസ്സിലായേ ജ്ഞാതയും ഇന്ദ്രിയവുമായിട്ടുള്ള സന്നിഗർഷം എന്ന് പറയുന്നത് ഇന്ദ്രിയ സംബന്ധ വിശേഷണതാത്മകമാണ് ഇന്ദ്രിയ സന്നിവേഷ്ഞാത ഇന്ദ്രിയോഹോ സന്നിധർഷന്നു അത് ആ സന്നിഗേഷത്തിന്റെ പേരാണെന്ത് ഇന്ദ്രിയ സംബന്ധ വിശേഷണത അപ്പൊ അങ്ങനെ സന്നിഹർഷം ഉണ്ടാകും അതിനുശേഷം അതായത് ആദ്യം ഘടമെന്നുള്ള പ്രത്യക്ഷം ഞാൻ ഉണ്ടാകുന്നു അടുത്ത സെക്കൻഡ് അത് ഒന്നാമത്തെ നിമിഷം എന്നെടുക്കണേ രണ്ടാമത്തെ സെക്കന്റിൽ എന്ത് വരുന്നു ഘടത്തിൽ ഞാതത ഉത്പന്നമാകുന്നു വ്യാപ്തി രണ്ടും കൂടെ ഒരു കാലത്ത് നടക്കുന്നു മൂന്നാമത്തെ ക്ഷണത്തിൽ ആണെന്ത് സംഭവിക്കുന്നു ഇന്ദ്രിയ സന്നികർഷം ജ്ഞാതയുമായിട്ട് ഇന്ദ്രിയ സന്നികർഷവും വ്യാപ്തി സ്മരണവും സംഭവിക്കുന്നു അത് കഴിഞ്ഞ് എന്തുവരുന്നു പരാമർശമുണ്ടാകുന്നു ആ പരാമർശം എന്താണെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഘടത്വ വിശേഷിക ഘടത്വപ്രകാരക ഘടകൃത്തി ഘടത്വപ്രകാരകതി ചേർത്ത് വന്നു ഇത് താതാന്മ്യ സംബന്ധേന വ്യാപ്യവത്താ പരാമർശ പരാമർശം താതാന്മ്യ സംബന്ധത്തിനുണ്ടാകുന്നു അതായത് വന്യം വ്യാപ്യ ധൂമവാൻ അയം പർവ്വത അതുപോലെ ഇവിടെ എന്താണ് സാധ്യവ്യാപ്യമാൻ പക്ഷെ ഇവിടെ ഹേതുവായിരിക്കുന്നു ഞാതതെന്ന ഹേതു മതിയായിരിക്കുന്നു ഞാതെന്നൊണ്ട് താതാന്മ്യ സംബന്ധത്തിൽ വരണം നേരത്തെ പറഞ്ഞ അവിടെ ആദ്യത്തെ ആ സാധ്യത്തെ നോക്ക സാധ്യം എന്താണ് ഘടത്വത് വിശേഷക ഘടത്വപ്രകാരകെതിന്റെ ജ്ഞാനമാണ് ഘടത്വത് വിശേഷിക ഘടത്വപ്രകാരകെന്തിന്റെ ജ്ഞാനമാണ് ഘടജ്ഞാനം അതിനാണ് പറയുന്നത് ഘടവിശേഷിക ഘടത്വപ്രകാരക ആ ജ്ഞാനജന്യമാണത് ജ്ഞാനജന്യത്വം എവിടെ വരും അതിന്റെ വ്യാപ്യമാണ് ജ്ഞാത പക്ഷെ ആ ഞാത എങ്ങനെയുള്ളത് ഘടകീർത്തിയാണ് ആ ഞാത എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഘടത്വപ്രകാരകയുമാണ് അവിടെ പ്രകാരം എന്തായിരിക്കും കടത്തിലായതുകൊണ്ട് കടത്ത് പ്രകാരവുമായ ഞാതത ആധി എന്തായി പറഞ്ഞത് ഇതാണ് പരാമർശം ഇതിബന്ധേന വ്യാപ്യവത്താ പരാമർശ വ്യാപ്യവത്താ പരാമർശം എന്ന് പറയുന്നത് എന്താണോ വന്യവ്യാപ്യ ധൂമവാൻ എന്ന് പറയുന്ന വ്യാപ്യവത്താ ധൂമവാനെന്ന് പറഞ്ഞാൽ എന്താണ് വ്യാപ്യവാന് എന്നാണ് അതിനാണ് പർവ്വതം എന്ന് വെച്ചാൽ പർവ്വതത്തിൽ വന്നു ഇവിടെ ജ്ഞാതയിൽ എന്തോന്നും വ്യാപ്യവത്താവും എങ്ങനെ താതാമി സംബന്ധ്യ ഘടത്വപ്രകാരക ഇതാണ് വ്യാപ്യവത്ത പരാമർശം എങ്ങനെയാണ് എങ്ങനെയാണ് കടത്വപ്രകാരകടത്വ വിശേഷിയ ഘടത്വപ്രകാരക്ഞാനം എന്നുള്ളതിന് ചുരുക്കി ഘടജ്ഞാനം എന്ന് പറയുന്നു ഘടജ്ഞാനജന്യമാണെന്ത് അപ്പൊ ഘടജാനം എവിടെ വന്നു അപ്പൊ ഘട്യ ഇനി ജ്ഞാത എന്താണ് ഘടത്വപ്രകാര ജ്ഞാതയാണ് അപ്പൊ ഘടജാന ജന്യത്വ വ്യാപ്യ ജ്ഞാതാപതി എന്തായി ഇതാണ് വ്യാപ്യത്വ പരാമർശം ആണ് അവിടെ ഇതാണ് പരാമർശം ഈ പരാമർശം കൊണ്ടാണ് എന്ത് ഞാനും ഉണ്ടാകുന്നത് ഞാനും എന്താ ഉണ്ടാകുന്നത് സാധ്യമെന്താണ് ഘടത്വതി ഘടത്വപ്രകാരക അല്ലെങ്കിൽ ഘടജ്ഞാന ജന്യത്വ എന്നുള്ള ഞാനുണ്ടാവണം എവിടെ ജ്ഞാത ജ്ഞാതയിൽ എന്ത് ഞാനുണ്ടാവണം ഘടജ്ഞാനജന്യത്വം ഇതാണ് സാധ്യം ഇതാണ് സാധ്യം അപ്പൊ ഈ അനുമതിയുടെ ജ്ഞാന ഈ പറയുന്ന അനുമതി നമ്മളെന്താ മനസ്സിലാകുന്നത് ഘടജ്ഞാന ജന്യമാണെന്ന് മനസ്സിലാക്കുന്നു അതിനോട് എന്തോ ജ്ഞാനം ഉണ്ടാകുന്നു ഘടജ്ഞാനത്തെ കുറിച്ച് ഞാനോണ്ടാകുന്നു ആ ഘടജ്ഞാനം കുറിച്ച് ഇതിലൂടെ ജ്ഞാനമുണ്ടായെങ്കിൽ ഈ അനുമതിയിലൂടെ ആ അനുമതിയിലൂടെ തന്നെ എന്തേലും ഘടകാനത്തിലുള്ള പ്രാമാണത്തിൻ്റെയും ജ്ഞാനം ഉണ്ടാവും എന്താണ് പറയുന്നത് അപ്പോ എന്താണ് പറഞ്ഞത് ജ്ഞാന ഗ്രാഹകമായി എന്ത് ജ്ഞാതാലിംഗക അനുമതി ജ്ഞാന ഗ്രാഹകയാവത് സാമഗ്രിയായി പരാമർശഘടിത മറ്റുള്ള സാമഗ്രികളുണ്ടാവും സാമഗ്രി ജന്യഗ്രഹമായി അനുമതി ആ ഗ്രഹവിഷയമായി ഗ്രഹവിഷയത്തും അപ്പൊ മൂന്നിടത്ത് സ്വതഗ്രഹിക്കുന്നു ഇത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാല് ഇനി യാവത്തെന്ന് പറയുന്ന പദം എന്തിനു പറഞ്ഞു എന്നുള്ള മനസ്സിലാകത്തുന്നു